ഏറ്റവും വലിയൊരു സമ്പത്താണ് മരിക്കുന്നത് വരെയുള്ള ഉത്സാഹവും ആനന്ദവും ആവേശവൊക്കെ ഉത്സാഹവും ആനന്ദവും ആവേശവും ആർക്കാണ് നമുക്ക് തരാൻ സാധിക്കുക പൊതുവെ നാം ഓരോരുത്തരും കരുതുന്നത് ചുറ്റുപാടിന് നമ്മെ ഉത്സാഹവും ആനന്ദവും ആവേശമൊക്കെ തരാൻ സാധിക്കും ഒരുപക്ഷെ ഭാര്യ വിചാരിക്കും ഭർത്താവിന് തരാൻ സാധിക്കും അച്ഛനും അമ്മയും വിചാരിക്കും മക്കളുണ്ടെങ്കിൽ ഉത്സാഹവും ആവേശവും ഉണ്ട് അല്ലെങ്കിൽ മക്കൾ വിചാരിക്കും അച്ഛനും അമ്മയും ഉണ്ട് ഇങ്ങനെ പരസ്പരം പ്രതീക്ഷ വെച്ച് പരസ്പരം മോഹങ്ങൾ വെച്ച് നാം ഓരോരുത്തരിൽ നിന്നും ഇതെല്ലാം യാചിക്കുന്നു എന്നാൽ ഒരു പിതാവ് ഒരു മകന്റെ ഉത്സാഹവും ആനന്ദവും ആവേശവും നശിപ്പിച്ചിട്ടും ആ കുട്ടിയുടെ ഉത്സാഹം നശിച്ചു പോയില്ലേ ആ കുട്ടിയെ വഴിതെറ്റിക്കാൻ സാധിച്ചില്ലേ അതായിരുന്നു പ്രഹ്ലാദന്റെ ജീവിതത്തിലെ വിജയം എന്നാണ് മരിക്കുന്നത് ഈ ഉത്സാഹം ആവേശം ആനന്ദം കുട്ടിക്ക് എവിടെ നിന്ന് കിട്ടി അമ്മയുടെ ശരീരത്തിലൂടെ ഭാഗവതത്തെ മനസ്സിലാക്കാൻ സാധിച്ചു തന്നെ നാരദമഹർഷി ഭാഗവതം പറഞ്ഞു കൊടുക്കുമ്പോൾ ആ കുട്ടി ഗർഭപാത്രത്തിലൂടെ അത് മനസ്സിലാക്കിയിരുന്നു ഉൾക്കൊള്ളിയിരുന്നു ഒരുപക്ഷെ പൊക്കിൾക്കൊടി വഴി കുട്ടിയുടെ ശരീര പോഷണം മാത്രമല്ല നടന്നത് മാനസിക പോഷണം കൂടി നടന്നു എന്നാണ് അപ്പോൾ കുട്ടിക്ക് മനസ്സിലായി ചെറിയ കുട്ടിയായിരിക്കുമ്പോഴേ മനസ്സിലായി എന്റെ ജീവിതത്തിൽ എന്റെ ബന്ധുവും എന്റെ എന്റെ ശത്രുവും എന്റെ തന്നെ മനസ്സാണെന്നുള്ളത് അതുകൊണ്ട് മനസ്സിന്റെ ആവേശം ഞാൻ നശിപ്പിച്ചാൽ മനസ്സിന്റെ ഉത്സാഹം ഞാൻ നശിപ്പിച്ചാൽ മനസ്സിന്റെ സന്തോഷം ഞാൻ നശിപ്പിച്ചാൽ ഞാൻ തന്നെ എന്റെ ശത്രുവായി തീരുന്നു എന്നാൽ എന്റെ മനസ്സിനെപ്പോഴും ഉത്സാഹത്തിലും ആനന്ദത്തിലും ഞാൻ ഇരുത്താൻ ശ്രമിച്ചാൽ ഞാൻ തന്നെ എന്റെ ബന്ധുവായി തീർന്നു ഇത് ചെറിയ കുട്ടിയായിരിക്കുമ്പോഴേ മനസ്സിലായി അച്ഛൻ കുട്ടിയെ വഴിതെറ്റിക്കാൻ നോക്കി വീണ്ടും ഗുരുക്കന്മാരെ വഴിതെറ്റിക്കാൻ നോക്കി എല്ലാവരും കുട്ടിയെ വഴിതെറ്റിക്കാൻ നോക്കി എന്നിട്ടും മനസ്സ് പതറിയില്ല അവറിയാണ് കുട്ടിക്ക് മനസ്സിലായി വ്യക്തമായി ഞാൻ പോകുന്ന യാത്ര വഴിയാണ് ശരിയായിട്ടുള്ള മാർഗം അതുകൊണ്ട് എന്നെ ആർക്കും തെറ്റിദ്ധരിപ്പിക്കാൻ സാധ്യല്ല പലപ്പോഴും നമ്മളെയൊക്കെ സമൂഹം ചുറ്റുപാട് സ്വാധീനിക്കാൻ കാരണം നമുക്ക് വ്യക്തമായൊരു ജീവിത വീക്ഷണം ഇല്ലാത്തതുകൊണ്ടാണ് അപ്പോഴാണ് മറ്റുള്ളവർ തളരുമ്പോൾ നമ്മൾ തളരുന്നത് മറ്റുള്ളവർ കരയുമ്പോൾ നമ്മൾ കരയുന്നത് മറ്റുള്ളവർ പരിഹസിക്കുമ്പോൾ നമുക്ക് ദുഃഖം വരുന്നത് മറ്റുള്ളവരെ അപമാനിക്കുമ്പോൾ നമുക്ക് വേദനകൾ വരുന്നത് ഇതൊക്കെ മറ്റുള്ളവരാൽ നമുക്കുണ്ടാവാൻ കാരണം നമുക്ക് ആ വ്യക്തമായൊരു ജീവിതത്തിന്റെ ധാരണയില്ലാത്തതുകൊണ്ടാണ് സാധാരണ സമൂഹം വിചാരിച്ചാൽ നമ്മളെ വേദനിപ്പിക്കാൻ സാധിക്കൂ എന്ന് നമ്മൾ ചോദിക്കേണ്ടതുണ്ട് ഭർത്താവ് മരിച്ച ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കി കഷ്ടപ്പെട്ടോ നിങ്ങളുടെ കാര്യം ഇത്ര ചെറുപ്പത്തിലേ ഭർത്താവ് പോയില്ലേ ഇങ്ങനെ എന്തിനങ്ങനെ ജീവിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോ സാധാരണ മനസ്സിലൊരു സ്ത്രീയാണെങ്കിൽ തളർന്നു പോവും അതുകൊണ്ട് പലപ്പോഴും ഞങ്ങളൊക്കെ അനുഭവിക്കാറുണ്ട് പല വീടുകളിലൊക്കെ പോകുമ്പോണ്ടല്ലോ ചിലപ്പോൾ ഭർത്താവില്ലാത്ത കുട്ടികളൊക്കെ അവിടെ അപ്പോ എന്ത് ചെയ്യണമെന്നൊക്കെ ചോദിക്കുമ്പോൾ ഭർത്താവ് ഇല്ല എന്നുള്ള വിവരം നമുക്കറിയില്ലല്ലോ അപ്പൊ നമ്മൾ എന്താണ് ഭർത്താവ് ചെയ്യുന്നത് കേൾക്കുമ്പോൾ കൂടെ വന്നിരിക്കുന്ന ചില അമ്മമാരൊക്കെ ചോദിക്കാൻ അതൊന്നും ചോദിക്കാൻ പാടില്ല സ്വാമി അല്ലെങ്കിൽ അവരൊരു ബാലൻസ് ഇല്ലാതിരിക്കണോന്ന് അപ്പോ നമ്മൾ ചോദിക്കാറുണ്ട് ഇത് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ നിങ്ങളെന്താ തളർന്നു ആ ഒരു മനക്കരുത്തില്ലാത്തത് കൊണ്ടാണ് നമ്മൾ അങ്ങനെയൊക്കെ തളർന്നു പോകുന്നത് അപ്പൊ മറ്റുള്ളവർ നമ്മളെ ഏത് വിധത്തിൽ കുത്തുമ്പോഴും ഏത് വിധത്തിൽ പരിഹസിക്കുമ്പോഴും ഏത് വിധത്തിൽ വഴിതെറ്റിക്കുമ്പോഴും പ്രഹ്ലാദന്റെ ചിത്രം എന്തും തമ്മിൽ മുന്നിൽ വയ്ക്കണം അച്ഛനും ഗുരുക്കന്മാരും വഴിതെറ്റിക്കുമ്പോഴും ശത്രുക്കളായിട്ടിരിക്കുമ്പോഴും കുട്ടിയുടെ മനസ്സിന് യാതൊരു ക്ഷോഭവും നിന്നില്ല കാരണം ഗർഭപാത്രത്തിൽ അമ്മയുടെ പൊക്കൾക്കൊടി വഴി ഭാഗവതം കുട്ടി മനസ്സിലാക്കി കുട്ടിക്ക് മനസ്സിലായി ഞാൻ ശ്രദ്ധിക്കേണ്ടത് എന്റെ മനസ്സിനെയാണ് എന്റെ മനസ്സിന്റെ താളം ഞാൻ തെറ്റിച്ചാൽ ആർക്കും അത് നേരെയേക്ക് എടുക്കാൻ സാധ്യല്ല എന്റെ മനസ്സിന്റെ താളം തെറ്റിക്കുന്നത് മറ്റാരുമല്ല അത് ഞാൻ തന്നെയാണെന്ന് അത്ര ചെറിയ കുട്ടിയായപ്പോൾ മനസ്സിലായി ഇനി വീണ്ടും കുട്ടി ഒരു അടികൂടി മുന്നോട്ട് പോയിട്ട് പറയാണ് എനിക്കിവിടെ ബന്ധുവും മിത്രവും എല്ലാമായിട്ട് ഗുരുവും ഈശ്വരനും എല്ലാമായിട്ട് എന്നെ ഞാനാക്കുന്ന എന്നിലെ ഈശ്വര ചൈതന്യം തന്നെയാണ് അതുകൊണ്ട് എന്റെ മനസ്സിനെ ഞാനെപ്പോഴും ആ സ്മരണയിലേക്ക് നയിക്കണം ആ പ്രേമത്തിലേക്ക് ഉയർത്തണം ഇതും ആ കുട്ടിക്ക് മനസ്സിലായി അതുകൊണ്ട് കുട്ടിയെ സംബന്ധിച്ച് അച്ഛനേക്കാൾ വലിയൊരു സത്യമായിരുന്നു ഭഗവാൻ എന്ന ചൈതന്യം കുട്ടിക്ക് കൺഫ്യൂഷൻ ഉണ്ടായില്ലേ അവിടെയാണ് അച്ഛൻ അട്ടഹസിക്കുമ്പോഴും കൊല്ലാൻ വാളെടുത്തോങ്ങുമ്പോഴും പല പരീക്ഷണങ്ങൾ നടത്തുമ്പോഴും ഭഗവത് സ്മരണയിൽ നിന്ന് കുട്ടി പതറിപ്പോയില്ലേ അവിടെയാണ് അതുകൊണ്ടാണ് നിങ്ങൾ ഭാഗവതം നേരത്തെ നിങ്ങൾ നമ്മൾ ആറാമത്തെ സ്കന്ധം വായിച്ചപ്പോ അവിടെ യമദൂതന്മാര് യമരാജാവിനോട് ചോദിക്കും അല്ല ഇവർ പറയുന്ന ഒരു ഭാഗവതധർമ്മത്തെക്കുറിച്ച് അത് ഞങ്ങൾക്കറിയില്ലല്ലോ നാരായണ എന്ന് ജപിച്ചു കഴിഞ്ഞാൽ സർവപാപത്തിൽ നിന്നും മുക്തരാവെന്ന് പറയുന്നു എന്താണ് ഈ ഭാഗവതധർമ്മം ആരാണ് ഈ ഭാഗവതധർമ്മം പറഞ്ഞിട്ടുള്ളത് മനസ്സിലാക്കിയിട്ടുള്ളത് എന്ന് ചോദിച്ചപ്പോ ഇന്നലെ രണ്ട് ശ്ലോകങ്ങൾ നിങ്ങൾ കണ്ടു പന്ത്രണ്ട് പേര് ഭാഗവതധർമ്മം മനസ്സിലാക്കിയവരുണ്ടെന്ന് പറഞ്ഞപ്പോ ബലി വയ്യാസഹി പ്രഹ്ലാദോ പ്രഹ്ലാദനെ അവിടെ അനുസ്മരിക്കുന്നു യമരാജാവ് അപ്പോ കുട്ടിയായിരിക്കുമ്പോഴേ ഭാഗവതം മനസ്സിലാക്കിയതുകൊണ്ടാണ് കുട്ടികളോട് അസുരക്കുട്ടികൾക്ക് ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചത് കൗമാര ആചരിയിൽ പ്രാജ്ഞ കൗമാരത്തിൽ കുട്ടികളെ ഇതൊക്കെ മനസ്സിലാക്കി വയ്ക്കണം ഇതൊക്കെ നമ്മൾ നേരത്തെ ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ആർക്കും തന്നെ വഴിതെറ്റിക്കാൻ സാധ്യമല്ല നമുക്ക് മായി തീരും എന്തിനാണ് ഞാൻ ഈ ഭുവനത്തിലേക്ക് ഈ ലോകത്തിലേക്ക് വന്നത് എന്താണ് എന്റെ ജീവിതത്തിന്റെ ദൗത്യം എന്നത് എപ്രകാരമാണോ ശ്രീരാമസ്വാമിയുടെ ദൗത്യവുമായിട്ട് ഹനുമാൻ സ്വാമി ലങ്കയിലേക്ക് ചാടുന്ന സമയത്ത് സുരസരസെന്നും അതുപോലെ മൈനാകമെന്നും അതുപോലെ ജലപ്പിശാജെന്നും പറയുന്ന രൂപങ്ങൾ വന്ന് തടഞ്ഞപ്പോ ആ ഹനുമാൻ സ്വാമി അവരോടൊക്കെ പറയണ്ടായല്ലോ രാമദൂതനിവൻ രാമകാര്യത്വം പോകുന്നു ഞാനിപ്പോൾ ഞാൻ രാമന്റെ ദൂതനാണ് ശ്രീരാമസ്വാമിയുടെ ദൗത്യവുമായി പോവാണ് നിങ്ങൾക്ക് ആർക്കും എന്നെ വഴിതടയാൻ സാധ്യമല്ല നിങ്ങളെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ സന്തോഷിപ്പിക്കാം ഞാൻ തിരിച്ചു വരട്ടെ എന്റെ ദൗത്യം പൂർത്തീകരിക്കട്ടെ ഇതുപോലെ നമുക്കും പറയാൻ സാധിക്കും ഞാൻ ഇങ്ങോട്ട് വന്നത് ദുഃഖിക്കാനോ കരയാനോ വിഷമിക്കാനോ തളരാനോ അവസരാവാനോ അല്ല മറിച്ച് മരിക്കുന്നത് വരെ ആനന്ദത്തിൽ ഉത്സാഹത്തിൽ ആവേശത്തിൽ ഊർജത്തിൽ ഉന്മേഷത്തിലൊക്കെ ജീവിക്കാനാണ് അത് എവിടെ നിന്ന് കണ്ടെത്തണം അത് സ്വയം ഞാൻ കണ്ടെത്തണം കാരണം അതെപ്പോഴും എന്നിലുണ്ട് അത് ഭഗവാനിൽ ലയി ഭഗവാന്റെ സ്വരൂപമായിട്ടിരിക്കണോ ആ ഭഗവാനിലേക്ക് ഞാൻ എന്റെ മനസ്സിനെ തിരിയിച്ചാൽ മാത്രമേ എനിക്കിത് കിട്ടുകയുള്ളൂ ഒരു ആചാര്യൻ വളരെ മനോഹരമായിട്ട് പറയും പാല് കിട്ടണമെന്നുണ്ടെങ്കിൽ പശുവിന്റെ അകിട്ടിൽ തന്നെ പോകണം അതിന്റെ തല പിടിച്ചു കുലിക്കിയിട്ട് വല്ല കാര്യമുണ്ടോ അതിന്റെ നാവ് പിടിച്ചു വല്ല കാര്യമുണ്ടോ ഒരു കാര്യമില്ല അതിന്റെ തന്നെ പോയി പാല് കറന്നെടുക്കണം ഇതുപോലെ എവിടെയാണ് ആനന്ദം എന്ന് നാം സ്വയം മനസ്സിലാക്കി അത് ഭഗവാനിലാണെങ്കിൽ മനസ്സുകൊണ്ടത് കറന്നെടുക്കാൻ നമുക്ക് സാധിക്കണം അപ്പോഴാണത് ജീവിതത്തിൽ ഉപയോഗിക്കാൻ അനുഭവിക്കാൻ സാധിക്കുന്നത് ശരി അങ്ങനെ പ്രഹ്ലാദൻ ഭഗവാന്റെ മുന്നിൽ വിനീതനായിട്ട് നിന്നുകൊണ്ട് ഭഗവാന്റെ പാദത്തിൽ വീണ് നമസ്കരിച്ചപ്പോ ആ കാനന്ദാശ്രുക്കൾ ഭഗവാന്റെ പാദത്തിൽ തട്ടിയപ്പോ നരസിംഹമൂർത്തി പോലും ശാന്തനായി രണ്ടു കൈകൊണ്ടും കുട്ടിയെടുത്തു ആലിംഗനം ചെയ്ത് കൈകളെ കൊണ്ട് വെച്ച് അനുഗ്രഹിച്ചപ്പോ ആ പ്രഹ്ലാദന്റെ ഉള്ളിൽ നിന്നും ഉതിർന്നു വന്ന മനോഹരമായ സ്തുതിയാണ് പ്രഹ്ലാദ സ്തുതി എന്ന് പറയുന്ന ഒൻപതാമത്തെ അധ്യായത്തിലെ സ്തുതി സപ്തമ സ്കന്ധത്തിൽ ഒൻപതാമത്തെ അധ്യായത്തിലാണ് പ്രഹ്ലാദ സ്തുതി ശ്രീമൽ ഭാഗവതത്തിൽ അനേകം അനേകം സ്തുതികളുണ്ടെങ്കിലും ഒരു ഏറ്റവും മനോഹരമായ ഗംഭീരമായ വളരെ ശാസ്ത്രീയമായൊരു സ്തുതിയാണ് പ്രഹ്ലാദ സ്തുതി ഇനി മറ്റൊരു പ്രത്യേകത ഭാഗവതത്തിൽ കുട്ടികളുടേതായിട്ട് രണ്ട് സ്തുതികളുണ്ട് ഒന്ന് ധ്രുവന്റെയും രണ്ട് പ്രഹ്ലാദന്റെയും ഇവര് തമ്മിൽ ചില സാമ്യതകളും അസാമ്യതകളും ഉണ്ട് എന്താ സാമ്യതകൾ രണ്ടുപേരും രാജാക്കന്മാരുടെ മക്കൾ സാമ്യമാണ് അവിടെ ഒരു അസാമ്യത ഉള്ളത് ധ്രുവൻ രാജാവിന്റെ പുത്രനാണെങ്കിൽ പ്രഹ്ലാദൻ അസുര ചക്രവർത്തിയുടെ മകനാണ് ഇനി മറ്റൊരു സാമ്യത രണ്ടുപേർക്കും ശത്രുക്കൾ വീട്ടിലുണ്ടായിരുന്നു പറയാണ് പ്രഹ്ലാ ധ്രുവനെ സംബന്ധിച്ച് ചെറിയ ശത്രുവായി തീർന്നപ്പോ പ്രഹ്ലാദനെ സംബന്ധിച്ച് അച്ഛൻ ശത്രുവായി തീർന്നു വീണ്ടും ധ്രുവനെ സംബന്ധിച്ച് അമ്മയാണ് കുട്ടിയെ ഈ തലത്തിലേക്ക് മാറ്റിയെടുത്തത് ചെറിയമ്മയോടുള്ള വിദ്വേഷം ഭഗവാനിലേക്കുള്ള ഭക്തിയേക്ക് തിരിക്കാൻ അമ്മയ്ക്ക് സാധിച്ചു ഇവിടെയും പ്രഹ്ലാദൻ പ്രഹ്ലാദനായി തീർന്നത് കയാതു എന്ന അമ്മയിലൂടെയാണ് ആ നാരദ പറഞ്ഞു കൊടുത്തതിനെ കേൾക്ക പ്രഹ്ലാദനെ ഇങ്ങനെ ആക്കിത്തീർക്കാനും അർത്തെടുക്കാൻ സാധിച്ചത് അതിന് മറ്റൊരു പ്രത്യേകത പ്രഹ്ലാദനും ധ്രുവനും തമ്മില് രണ്ടുപേരുടെയും ഗുരു നാരദ മഹർഷിയാണ് ധ്രുവനെ നേരിട്ടുപദേശിക്കുമ്പോ പ്രഹ്ലാദനെ നേരിട്ട് ഉപദേശിക്കുന്നില്ല ഒരാളെ ഗർഭപാത്രത്തിൽ വെച്ച് ഉപദേശിക്കുന്നു പ്രിയാണ് ഇനി മറ്റൊരു പ്രത്യേകത ഉള്ളത് രണ്ടുപേരുടെയും പ്രായം അഞ്ചു വയസ്സാണ് അങ്ങനെയൊക്കെ ചില പ്രത്യേകതകൾ തമ്മിലുണ്ട് എന്നാൽ ഇവർ തമ്മിൽ ചില അസാമ്യതകളും ഉണ്ട് അതെന്താണത് ഇവർ തമ്മിലുള്ള അസാമ്യത അതാണ് ഇനി നമ്മൾ കടന്നു പോകുന്നത് അങ്ങോട്ട് രണ്ടുപേരുടെയും ഉദ്ദേശം ഭഗവത് ഭജനത്തിന്റെ ഉദ്ദേശം രണ്ട് തരത്തിലായിരുന്നു പറയാണ് പ്രഹ്ലാദൻ ഭഗവാനെ ഭജിച്ചതും ധ്രുവൻ ഭഗവാനെ ഭജിച്ചതും രണ്ടുദ്ദേശത്തോടുകൂടിയിട്ടായിരുന്നു ധ്രുവന്റെ ഉദ്ദേശം എന്തായിരുന്നു അച്ഛന്റെ മടിയിലിരിക്കുക എന്നതിലുപരിസ്യം ഹാസനത്തിൽ ഇരിക്കുക എന്നുള്ളതായിരുന്നു എന്നാൽ പ്രഹ്ലാദന് അങ്ങനെ യാതൊരു മോഹവുമില്ല ഒരു പക്ഷേ ധ്രുവനേക്കാളും ഒരു പടി ഉയരത്തിലാണ് ആര് നിൽക്കുന്നത് പ്രഹ്ലാദൻ നിൽക്കുന്നത് നമുക്കതിലേക്ക് കടന്നു പോകാം ആ പ്രഹ്ലാദൻ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് പറയുന്നു ബ്രഹ്മാദയസുരഗണാ മുനയോദസിദ്ധ സത്വദാനമതയോ വചസം പ്രവാഹി നാരാധിതും തോഷ്ടുമർഹതി സമേ ഹരിരുഗ്രജാതേ വളരെ മനോഹരമായ ശ്ലോകമാണ് ഈ ശ്ലോകം പറയാണ് ഭഗവാനെ സത്വീകതാനമതയോ സത്വഗുണങ്ങൾ അധികരിച്ചിരിക്കുന്ന ബ്രഹ്മാതി ദേവന്മാരും മുനികളും സിദ്ധന്മാരും ഗന്ധർവന്മാരും യക്ഷന്മാരും തുടങ്ങിയവരൊക്കെ സ്തുതിച്ചിട്ടും അങ്ങയെ ശാന്തമാക്കാൻ സാധിച്ചില്ല അങ്ങനെയുള്ള അങ്ങയുടെ ഈ ഉഗ്രമായ രൂപത്തെ ഉഗ്രജാതിയിൽപ്പെട്ട ഞാൻ വിചാരിച്ചാൽ എങ്ങനെയാണ് ഭഗവാനെ രാക്ഷസ അല്ലെങ്കിൽ ആസുരിക വംശത്തിൽപ്പെട്ട ഞാൻ വിചാരിച്ചാൽ എങ്ങനെയാണ് സാധിക്കുക ബ്രഹ്മാതിദേവന്മാർക്ക് പോലും സാധിക്കാത്ത കാര്യം ഈയുള്ളവന് സാധിക്കുമോ ഭഗവാനെ എന്ന് ചോദിക്കുക വാസ്തവത്തിൽ ഭക്തിയുടെ ആദ്യത്തെ പടി എന്ന് പറയുന്നത് വിനയമാണ് അതുകൊണ്ടാണ് നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ നോക്കും നിങ്ങൾ തലനിവർത്തി അകത്തേക്ക് കയറാൻ പറ്റില്ല തല എന്ന താഴ്ത്തന്നെ വേണം ഭഗവാന്റെ മുന്നിൽ തല കുനിക്കുക തന്നെ വേണം എന്ന് വെച്ചാൽ വിനയം വേണമെന്ന് പറയണം വിനയമാണ് ഭക്തിയുടെ ലക്ഷണം എന്നാൽ വിനയം എന്ന് പറഞ്ഞാൽ നമ്മൾ വിനയം എന്ന് പറയുന്നത് ശിരസിനെ കുനിക്കലാണോ വാസ്തവത്തിൽ ശിരസ് കുനിക്കുക എന്നത് അതിൻ്റെ സ്ഥൂലഭാവമാണ് വിനയത്തിൻ്റെ വിനയം എന്ന് പറയുന്നത് ഭഗവാൻ തരുന്നതിനെ ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും അതിനെ അംഗീകരിക്കാനൊക്കെ ഉള്ള മനസ്സിനെയാണ് വിനയം എന്ന് പറയുക ഭഗവാൻ എന്ത് തരുന്നു അത് സ്വീകരിക്കാനുള്ള മനസ്സ് സന്തോഷത്തോടുകൂടി സ്വീകരിക്കാനുള്ള മനസ്സ് അത് ഉണ്ടാക്കിയെടുക്കലാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് പ്രഹ്ലാദൻ എന്ത് ഇല്ല എന്നതിനെക്കുറിച്ചല്ല ചിന്തിച്ചത് പ്രഹ്ലാദൻ എന്തുണ്ട് എന്നതിനെക്കുറിച്ചാണ് ചിന്തിച്ചത് ധ്രുവൻ എന്തുണ്ട് എന്നതിനെക്കുറിച്ചല്ല ചിന്തിച്ചത് ധ്രുവൻ ചിന്തിച്ചത് എന്താണ് ഇല്ലാത്തത് വാസ്തവത്തിൽ നമ്മുടെയൊക്കെ ദുഃഖത്തിന് കാരണം െക്കുറിച്ചല്ല നമ്മൾ ചിന്തിക്കാറ് മറിച്ച് ഇല്ലാത്തതിനെക്കുറിച്ച് പരാതികൾ പറയുന്നവരായിട്ടിരുന്നു ഭഗവാൻ നമുക്ക് എന്തെല്ലാം തന്നിട്ടുണ്ട് ഈ ലോകത്തിലേക്ക് നമ്മൾ നോക്കുമ്പോഴാണ് നമ്മളെ കമ്പയർ ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക കാലുകളില്ലാത്തവരില്ലേ നമുക്ക് കാലുകളുണ്ടല്ലോ ഈശ്വര കൈകളില്ലാത്തവരില്ലേ എനിക്ക് കൈകൾ തന്നിട്ടുണ്ടല്ലോ ഈശ്വര മന്ദബുദ്ധിയുള്ളവരില്ലേ എനിക്ക് ബുദ്ധി തന്നിട്ടുണ്ടല്ലോ ഈശ്വര എനിക്ക് അച്ഛനെ തന്നിട്ടുണ്ടല്ലോ അമ്മയെ തന്നിട്ടുണ്ടല്ലോ ബന്ധുമിത്രാദികളെ തന്നിട്ടുണ്ടല്ലോ ഇതൊക്കെ തന്നിട്ടില്ലേ സ്നേഹിക്കാനുള്ളൊരു മനസ്സെനിക്ക് തന്നിട്ടില്ലേ ഇതൊക്കെ തന്നിട്ടും ഇനിയും ഞാൻ പരാതി പറയുന്നു എങ്കിൽ നോക്കൂ വാസ്തവത്തിൽ ഞാൻ യോഗ്യനാണോ ഇത് പറയാൻ കൈകളില്ലാത്തവൻ എന്താ നമ്മളെ നോക്കി പറയാ എത്ര ഭാഗ്യവാൻമാരാണവരെ നല്ലേ പറയാ കാലുകൾ ഇല്ലാത്തവൻ നമ്മളെ നോക്കിയിട്ട് എന്താ പറയുക എത്ര ഭാഗ്യവാൻമാരല്ലേ നമ്മൾ നല്ലേ പറയാ ബുദ്ധിയില്ലാത്ത മന്ദബുദ്ധിയിലുള്ള ഒരു കുട്ടി നമ്മളെ നോക്കിയിട്ട് എന്താ പറയുക ചിന്തിക്കും നിങ്ങൾ പ്രസവിച്ച് അച്ഛനും അമ്മയും റോഡിന്റെ അരികിലോ അല്ലെങ്കിൽ അമ്പലത്തിന്റെയോ പള്ളിയുടെയോ മുന്നിൽ വലിച്ചെറിഞ്ഞു പോകുന്ന ഒരു കുട്ടി അവൻ നമ്മളെ നോക്കിയിട്ട് എന്താ പറയുക ചെറുപ്പത്തിലെ രോഗങ്ങൾ വന്നൊരു കുട്ടി നമ്മളെ നോക്കിയിട്ട് എന്താ പറയുക ഇങ്ങനെ നമ്മളൊന്ന് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാം നമ്മളൊക്കെ വാസ്തവത്തിൽ ഭാഗ്യം ചെയ്തവർ തന്നെയാണ് കാരണം ഈശ്വര ഇതൊക്കെ നമുക്ക് തന്നിട്ടില്ലേ ഭഗവാൻ എന്നിട്ടും നമ്മൾ അതിനെ കൊണ്ട് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താതെ ഇനിയും കരയാണ് ദുഃഖിക്കുകയാണ് വിഷമിക്കുകയാണ് പരാതി പറയുകയാണെങ്കിൽ ആർക്ക് നമ്മുടെ പരാതികളെ പരിഹരിക്കാൻ സാധിക്കും അതിനെന്താ നമ്മളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നമ്മളെ ഇത്ര നമ്മൾ പ്രാക്ടീസ് ചെയ്യിച്ചത് എന്തുണ്ട് എന്ന് മനസ്സിലാക്കാനല്ല മറിച്ച് എന്തൊക്കെയാണ് നമുക്ക് കുറവുകളുള്ളത് അതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് നമുക്കുള്ളതിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു എങ്കിൽ നമ്മളൊന്നും പരാതിക്കാരായിരുന്നു ആവുമായിരുന്നില്ല എന്ന് ഒരു വീട്ടില് ദിവസവും അമ്മ മക്കൾക്ക് പാല് കൊടുക്കും വൈകുന്നേരമാവുമ്പോ രാത്രി കിടക്കാൻ നേരത്ത് പാല് കൊടുക്കും ഒരു ദിവസം പാല് കൊടുക്കുന്ന സമയത്ത് പാൽക്കാരൻ ഇത്തിരി പാല് കുറച്ചാ കൊണ്ടുവന്നത് അന്ന് പാലുണ്ടായിരുന്നില്ല അല്ല വീട്ടില് സ്വാഭാവികമായിട്ടും അമ്മ പാല് കൊടുക്കുമ്പോ ഏറ്റവും ചെറിയ കുട്ടിക്കാണല്ലോ കൂടുതൽ കൊടുക്കുക അവനോട് കോംപ്രമൈസ് ഒന്നും ചെയ്യില്ല അപ്പൊ മൂത്തവൻ ഇത്തിരി പാല് കുറഞ്ഞു അവൻ ഹാഫ് ഗ്ലാസ് ആയി മറ്റവന് ഫുൾ ഗ്ലാസ് രണ്ടുപേർക്ക് ഒരുമിച്ചാ കൊടുക്കുന്നത് ഒരേ സമയത്താ കൊടുക്കുന്നത് അവ മൂത്തവൻ ഇങ്ങനെ നോക്കുകയാണ് തന്റെ ഗ്ലാസിൽ ഹാഫ് ചെറുതിന്റെ ഗ്ലാസിൽ ഫുള്ള് അപ്പോഴേ ഇറിറ്റേഷൻ തുടങ്ങി പറഞ്ഞു നിങ്ങൾക്കൊന്നും എന്നോട് സ്നേഹമില്ല നിങ്ങളെയൊക്കെ സ്നേഹിക്കുന്നത് വെറുതെയാണ് അവനോടല്ലേ നിങ്ങൾക്ക് സ്നേഹം എന്നെയൊന്നും നിങ്ങൾക്ക് കാര്യമില്ല ഞാൻ നിങ്ങൾക്കൊരു ഭാരം പിന്നെ തരേണ്ടെന്ന് വിചാരിച്ച് തന്നിരിക്കല്ലേ സ്നേഹമില്ലാത്തവരുടെ പാൽ കുടിക്കാൻ എനിക്കും വലിയ മോഹമല്ല അതുകൊണ്ട് സ്നേഹമില്ലാത്തവരുടെ പാൽ എനിക്ക് വേണ്ട പറഞ്ഞിട്ട് അവൻ ഗ്ലാസ് എടുത്ത് രട്ടിയേർ അതുകൊണ്ടായിരിക്കും ഇന്നത്തെ കാലത്ത് ഒരു മക്കളിൽ ഒതുക്കേണ്ടത് അച്ഛനും അമ്മമാരും പ്രശ്നമുള്ളൂ ഒന്നേ ഉള്ളിച്ചാൽ പ്രശ്നമില്ല ആരോട് കമ്പയർ ചെയ്യും അവൻ നോക്കൂ എന്താ കുട്ടിക്ക് പറ്റിയത് ഉള്ളതിനെ സ്വീകരിക്കാനല്ല മനസ്സുണ്ടായത് ഇല്ലാത്ത ഭാഗം നോക്കിക്കൊണ്ട് പരാതി പറയാനാണ് മനസ്സ് പോയത് നമ്മുടെ മനസ്സിന് ഉള്ളതിനെ അറിയാൻ സാധിക്കും നമ്മുടെ മനസ്സിന് ഇല്ലാത്തതിനെക്കുറിച്ച് പരാതി പറയാനും സാധിക്കും ഇത് മനസ്സിൻ്റെ പ്രത്യേകതയാണ് അപ്പൊ മനസ്സിനോട് നമ്മൾ ചോദിക്കണം എന്താ നിനക്കുള്ളത് സ്നേഹിക്കാനുള്ളൊരു മനസ്സില്ലേ മനസ്സിനോട് നമ്മൾ ചോദിക്കണം നിനക്കെന്തെല്ലാം ഉണ്ട് ഭഗവത് സാന്നിധ്യം എപ്പോഴും നിന്റെ കൂടെ ഇല്ലേ മാനസികമായി ഇത്തിരി രോഗത്തിനടിമകളായിരുന്നു നമ്മളെങ്കിൽ വല്ലതും ഇതൊക്കെ ഓർക്കാൻ പറ്റുമോ നിങ്ങൾക്കറിയോ അറിയില്ല കേരളത്തിൽ മാതൃഭാഷയെ വളരെ പ്രോത്സാഹിപ്പിച്ച് ഉയർത്തിയ ഒരാളായിരുന്നു ജോസഫ് മുണ്ടശ്ശേരി അയാളെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും ഒരു നിങ്ങളൊക്കെ ജോസഫ് മുണ്ടശ്ശേരി അതായത് മലയാള ഭാഷയുടെ ഒരു മറ്റൊരു പിതാവ് എഴുത്തച്ഛൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഭാഷയെ പോഷിപ്പിച്ച ആളാണ് ഇദ്ദേഹത്തിൻ്റെ അവസാന നാളുകളെക്കുറിച്ച് ഒരു കഥ പറയും ഈ മുണ്ടശ്ശേരി ഭാഷ അവസാന നാളുകളിൽ അദ്ദേഹത്തിന് ഓർമ്മശക്തി നഷ്ടപ്പെട്ടുകയും മാനസികമായ വിഭ്രാന്തി വന്നു എന്നാണ് സ്വന്തം പേര് ചോദിച്ചാൽ അറിയില്ല സ്വന്തം ഭാര്യ ആരാണെന്ന് ചോദിച്ചാൽ അറിയില്ല മക്കൾ ആരാണെന്ന് ചോദിച്ചാൽ അറിയില്ല അങ്ങനെ ഒരു മാനസിക തലത്തിലേക്ക് അദ്ദേഹം വിനു എല്ലാ ഭാഷയുടെയും ആചാര്യനായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ അവസ്ഥ അവസാന കാലം ഇങ്ങനെ എപ്പോ നമ്മുടെ മനസ്സ് താളം തെറ്റിയോ പിന്നെ എന്തുണ്ടായിട്ടെന്താ കാര്യം എന്ന് ആലോചിച്ച് ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല ഒന്നും അറിയാനോ അനുഭവിക്കാനോ പിന്നെ ആ മനസ്സുകൊണ്ട് സാധ്യമല്ല അപ്പൊ മനസ്സ് നല്ലൊരു മനസ്സായിട്ടിരിക്കുമ്പോൾ അതിനെക്കൊണ്ട് ആ ഭഗവത് ഭജനം ചെയ്യാൻ ഭഗവത് പ്രേമം കൊണ്ടു നടക്കാൻ സാധിച്ചാൽ ഇതിനും വലുതെന്താ നമുക്ക് വേണ്ടത് പ്രഹ്ലാദൻ പറയുന്നു ദേവന്മാരേക്കാൾ ഞാൻ അനുഗ്രഹീതനായത് ഒരുപക്ഷേ അവിടുത്തെ കാരുണ്യമായിരിക്കാം ഭഗവാനെ ദേവന്മാർക്ക് സമ്പത്തുണ്ട് സൗന്ദര്യമുണ്ട് സ്ഥാനമുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ഒരു ഭഗവത് സ്വരൂപത്തിന്റെ ഘോരരൂപത്തെ ശാന്തമാക്കാനുള്ള പ്രാപ്തി അവർക്കുണ്ടായിരുന്നില്ല എന്നാൽ പ്രഹ്ലാദൻ എന്ന് പറയുന്ന കുട്ടി സമ്പത്തുകൊണ്ടും അതുപോലെ തന്നെ സൗന്ദര്യം കൊണ്ടും കുറവായിരിക്കാം പക്ഷേ ഭക്തിയുടെ മഹത്വം കൊണ്ട് ദേവന്മാരെക്കാൾ ഒരുപടി ഉയരാൻ പ്രഹ്ലാദന് സാധിച്ചു പ്രിയാണ് ഏറ്റവും വലിയൊരു സമ്പത്താണ് പ്രേമം എന്ന സമ്പത്ത് സ്നേഹം എന്ന സമ്പത്ത് എപ്പോ ആ സ്നേഹം എന്ന സമ്പത്ത് നമ്മളിൽ വറ്റിപ്പോകുന്നു അപ്പോഴാണ് നമ്മളൊക്കെ പരാതിക്കാരായി തീരുന്നത് മകനായി ഉണ്ണിക്കൃഷ്ണനെ പ്രേമിക്കാൻ സ്നേഹിക്കാൻ സാധിച്ചതുകൊണ്ടാണ് പൂന്താനത്തിന് നഷ്ടപ്പെട്ടുപോയ ഉണ്ണിയെക്കുറിച്ച് അല്ല കരഞ്ഞത് കൂടെയുള്ള ഗുരുവായൂരപ്പനെക്കുറിച്ച് സ്മരിക്കുകയാണ് അദ്ദേഹം ചെയ്ത് പ്രേമത്തോടുകൂടിയിട്ട് അതിന് വലിയ വിവേകം വേണം അതിന് നല്ല ബുദ്ധി വേണം അങ്ങനെയുള്ളവർക്കേ അത് സാധിക്കുകയുള്ളൂ ഭാഗവതം കേൾക്കുന്തോറും ഈ വിവേകം നമ്മളിൽ ദൃഢമായി തീരും എന്ത് ഇല്ല എന്നതല്ല എന്ത് നഷ്ടപ്പെട്ടു എന്നതല്ല കൂടെയുള്ള ഭഗവാനെ സ്നേഹിക്കാനുള്ള ഒരു ആത്മധൈര്യം ഒരു കരുത്ത് നമ്മുടെ ഉള്ളിൽ പാവിവിക്കുന്നു ഭാഗവതം പറയാൻ അതിനെന്ത് വേണം പറയണോ മഞ്ഞേ തനാഭിജനരൂപതപശുചൌജ തേജപ്രഭാവബല പൗരുഷ ബുദ്ധിയോഗ നാരാധനായി ഭവന്തി പരസ്യപുംസോ ഭക്തോഷ ഭഗവൻ ഗജയൂതപായ മന്യേ ധനാഭിജന രൂപതപസ്വൗജദേഹപ്രഭാവല പൗരുഷ ബുദ്ധിയോഗ ഭഗവാനെ ഒരു വ്യക്തിക്കൊരു പക്ഷേ സൗന്ദര്യം ഉണ്ടായിരുന്നു വരും അതുപോലെ ആ കുട്ട അയാൾക്കൊരു പക്ഷെ സമ്പത്തുണ്ടായിരുന്നു വരും ധനം ബന്ധുബലം എല്ലാം ഉണ്ടായിരുന്നു വരും കുറേ കാര്യങ്ങൾ പറയുകയാണ് ബുദ്ധി കഴിവ് അധികാരം അങ്ങനെ പലതും പലതും അദ്ദേഹത്തിനുണ്ടായിരുന്നു വരും എന്നാൽ അതുകൊണ്ടൊന്നും മനസ്സിനെ ബാലൻസ് ചെയ്യാൻ സാധിച്ചു എന്നില്ല മനസ്സിന്റെ താളം ശരിയാക്കാൻ സാധിച്ചു എന്നില്ല മനസ്സിന്റെ താളം തെറ്റിക്കാതിരിക്കണമെങ്കിൽ എന്തുവേണം ഭക്യാഷ ഭഗവൻ ഗജയൂതപായ ഇതൊക്കെ നമുക്ക് ദിവസം പത്രമെടുത്താൽ കാണില്ലേ ഇന്ന് ഭാരതത്തിലെ കോടീശ്വരന്മാരിൽ കോടീശ്വരനാണ് റിലയൻസ് ഗ്രൂപ്പിന്റെ അംബാനി ഗ്രൂപ്പില രണ്ടു പേര് രണ്ട് മക്കളേ ഉള്ളൂ ഒരു അച്ഛന് അച്ഛൻ കഷ്ടപ്പെട്ട് കോടീശ്വരനായി മക്കളൊക്കെ നിന്ന് കോടീശ്വരന്മാരാണ് മഹാരാഷ്ട്രയിലെ മുഴുവൻ കറണ്ട് അവർ വിലയ്ക്കെടുത്തിരിക്കുകയാണ് ഇനിയിപ്പോ യു പിയിലെ ഫുൾ കറണ്ട് അവർ വിലയ്ക്കെടുക്കാൻ മൊബൈൽ ഫോണിന്റെ രാജാക്കന്മാരാണ് പക്ഷേ അനിയനും ഏട്ടനും തമ്മിൽ തെറ്റിപ്പൊ രണ്ടു ദിവസം മുമ്പ് അവരുടെ ബോർഡ് കമ്മിറ്റി മീറ്റിങ്ങിൽ ഏട്ടൻ അനിയനെ നേരെ പറയുന്ന വാക്കൊക്കെ നിങ്ങൾ ടി വിയിൽ ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടൊരു വ്യക്തി പറയേണ്ടായി ആ മുഖത്തുള്ള ക്ഷോഭവും അസ്വസ്ഥതയും ൂ മനുഷ്യന്റെ ഉള്ളിൽ പണമുള്ളതുകൊണ്ട് മാത്രം ബാലൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ അല്പം പണത്തിനേക്കാളും വലുതാണ് സ്നേഹമെന്ന് തോന്നാത്തിടത്തോളം കാലം അപ്പൊ പണത്തിനു വേണ്ടി മനുഷ്യൻ അധപ്പതിക്കുന്ന സമയത്ത് അവനവന്റെ മനസ്സിനെ പോലും അവനവനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല പിന്നെ എന്താണ് ജീവിതം പറയുന്നത് പണമാണോ ജീവിതത്തെ നന്നാക്ക സന്തോഷിപ്പിക്കുന്നത് മനസ്സാണോ ജീവിതത്തെ സന്തോഷിപ്പിക്കുന്നത് ഈ ഒരു ചോദ്യം നമ്മൾ സ്വയം കണ്ടെത്തേണ്ടതുണ്ട് എല്ലാ സമ്പത്തുമുണ്ട് പക്ഷേ മാനസിക രോഗിയാണെങ്കിൽ എന്ത് സുഖമാണ് അയാൾക്കുള്ളത് ഒരു സമ്പത്തുമില്ലെങ്കിലും കഞ്ഞി കുടിക്കുമ്പോഴും ഓണമായിട്ട് ആഘോഷിക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ അയാളെ സംബന്ധിച്ച് ജീവിതത്തിന് അർത്ഥമുണ്ട് വിലയുണ്ട് പ്രസക്തിയുണ്ട് ശരിയല്ലേ നിങ്ങൾ ചിന്തിക്കൂ ഇത് നമ്മൾ എന്തോ ചെറുപ്പത്തിലെ നമ്മൾ മനസ്സിലാക്കിയില്ലേ ഇത് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അങ്ങനെ മനുഷ്യൻ പണത്തിനും അധികാരത്തിനും അതിനൊക്കെ വേണ്ടി മുന്നോട്ടു പോകുമ്പോൾ സ്വന്തം ജീവിതത്തെ മനസ്സിലാക്കാതെ പോകുമ്പോൾ കുറെ കഴിഞ്ഞ് ഒറ്റപ്പെട്ട് ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ട് ഒരു മുറിയിലകത്തായി അവസാനം അൽഷീമിയ തുടങ്ങിയിട്ടുള്ള രോഗങ്ങളൊക്കെ വന്ന് ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്നൊരു അവസ്ഥയിലേക്ക് മനുഷ്യൻ പോകുമ്പോൾ എന്താണ് അവൻ നേടിയിട്ടുള്ളത് അവന്റെ ജീവിതത്തിൽ അവൻ എന്താണ് ആസ്വദിച്ചിട്ടുള്ളത് ഒന്നുമില്ല വട്ടപൂജ്യം എന്ന് പറയാം നമുക്ക് എന്നാൽ ജീവിതത്തിൽ ഒന്നുമില്ലെങ്കിലും എല്ലാം ഉണ്ടായാലും ഭഗവത് പ്രേമം എന്നൊരു ശക്തി ഉണ്ടെങ്കിൽ അനുഗ്രഹമുണ്ടെങ്കിൽ അയാളുടെ ജീവിതം അനുഗ്രഹമാണ് എന്ന് പറയാണ് തന്റെ പിതാവിന് സാമ്രാജ്യമുണ്ട് അധികാരമുണ്ട് എല്ലാമുണ്ട് പക്ഷേ ഇല്ലാത്തതൊന്ന് മനസ്സമാധാനമാണ് എപ്പോ ഹരിയെക്കുറിച്ച് ചിന്തിക്കുമോ അയാളുടെ മനസ്സമാധാനം നഷ്ടപ്പെടുന്നു ഈ ഒന്നുമില്ല എന്നിട്ടും അഞ്ചു വയസ്സുള്ള കുട്ടി പറയുന്നു എനിക്ക് മനസ്സമാധാനം നല്ലവണ്ണം ഉണ്ടെന്ന് എപ്പോഴും ചോദിക്കേണ്ട ഒരു ചോദ്യം ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞു എനിക്ക് എന്താണ് വേണ്ടത് ഇത് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കണം എനിക്കെന്താ വേണ്ടത് എനിക്കെന്താ വേണ്ടത് എനിക്കെന്താ വേണ്ടത് എനിക്ക് പൈസ വേണം എന്തിന് സൂക്ഷിക്കാൻ എന്തിനാ സൂക്ഷിക്കുന്നത് സന്തോഷമായിട്ടിരിക്കാൻ എന്തിനാ സന്തോഷമായിട്ടി അപ്പം മനസ്സമാധാനം ഉണ്ടാവും പണം ഉണ്ടെങ്കിൽ മനസ്സമാധാനം ഉണ്ടാവുമോ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക ദെപ്പഴ സ്വാമി ചോദിക്കുക മറ്റുള്ളവർ ഉറങ്ങുമ്പം ചിന്തിക്കുക അല്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടാവുന്നവർ ഇന്ന് ചിന്തിച്ചു കഴിഞ്ഞാല് അപ്പൊ ഇങ്ങനെ സ്വയം ചിന്തിച്ചാൽ ഇതിനൊക്കെ ഉത്തരങ്ങൾ നമുക്ക് തന്നെ കണ്ടെത്താവുന്നതേ ഉള്ളൂ അവ നമ്മുടെ മനസ്സ് പറയും നമുക്ക് വേണ്ടത് മനസ്സമാധാനമാണ് അതെപ്പോഴാ പറയുക എല്ലാം ഉണ്ടായിട്ട് കുറെ കഴിയുമ്പോഴേ നമ്മൾ തിരിച്ചറിയുള്ളൂ ആദ്യം വിചാരിക്കും ഒരു ഭാര്യ വന്നാൽ മനസ്സമാധാനായിരുന്നു ഭാര്യ വന്ന പിന്നെ കുറച്ചു കഴിഞ്ഞാൽ വിചാരിക്കും ഏ ഭാര്യ മാത്രം പോരാ മക്കൾ വേണം മനസ്സമാധാനത്തിന് പിന്നെ പറയും മക്കൾ മാത്രം പോരാ മക്കൾക്കൊക്കെ ജോലി വേണം എന്നൊക്കെ പറയും അങ്ങനെ മക്കളെയൊക്കെ ജോലിയാക്കി അവരെയൊക്കെ കല്യാണം കഴിപ്പിച്ച് ഏ അങ്ങനെയാ പോരാ അവരെയൊക്കെ വീട്ടിൽ നിന്ന് അവർക്കൊക്കെ വേറെ വീട് വെച്ചു കൊടുക്കണം അപ്പോഴാണ് മനസ്സമാധാനം അങ്ങനെ അവർക്കൊക്കെ വീട് വെച്ചുകൊടുത്ത് അവരങ്ങനെ ജീവിക്കുമ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവര് ഇങ്ങോട്ടോരോ കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങുക ഷെയറിന്റെ കാര്യവും മറ്റുകാര്യവും മറച്ചു കാര്യമൊക്കെ അങ്ങനെ ചോദിക്കാൻ തുടങ്ങുമ്പോഴാ പറയാ ഈശ്വര ഇതുവരെ മനസമാധാനം ഇല്ലായിരുന്നു ഇവരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇനിയിപ്പോ ഞങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സമാധാനം ഇല്ല ഇതാണ് നമ്മുടെ കവസ്ഥ എന്ന് പറയുന്നത് ഹലോ ചോക്കൂ അതുകൊണ്ട് ഭക്തിയാതോഷ ഭഗവൻ ഗജയൂതപായ അതുകൊണ്ട് ഭഗവാനെ വിപ്രാൽഗുണയുദാദരവിന്ദനാദപാദാരമുദാചം വരിഷ്ടം മന്യേ തർപ്പിത മനോവചനേകിതാത്ത പ്രാണം പുനാതിസകുലം അതു ഭൂരിമാന മന്യേ ഭഗവാനെ ഞാൻ കരുതുന്നു ഒരാൾ ബ്രാഹ്മണനായിട്ട് ജനിച്ചിട്ടുണ്ടെങ്കിലും ഉന്നത കുലത്തിൽ ജനിച്ചിട്ടുണ്ടെങ്കിലും പാതാരവിന്ദ വിമുഖാൽ ഭഗവാന്റെ പാതാരവിന്ദത്തിൽ നിന്നും വിമുഖനാണ് അങ്ങോട്ട് പ്രേമമില്ല ഭഗവത് പ്രേമം മാത്രമില്ല അതുകൊണ്ട് തന്റെ മനസ്സിനെ അയാൾക്ക് ബാലൻസ് ചെയ്യാൻ സാധിക്കുന്നില്ല അങ്ങനെയുള്ള ആളേക്കാൾ ഞാൻ ആദരിക്കുക ശഭജം വരിഷ്ഠം ഒരു ശ്വാന്ന് വന്നാൽ പട്ടി നടത്തും ശ്വാവിനെ തിന്നുന്നവൻ ഭക്തിയെ തിന്നുന്നത് ചണ്ടാള എന്നർത്ഥം ഏറ്റവും താഴ്ന്ന ജീവിതം നയിക്കുന്ന അവന് ഭക്തിയുണ്ടെങ്കിൽ ഞാൻ അവനെ പൂജിക്കും അവനെ ആദരിക്കും എന്ന് പറയണം കാരണം ഭക്തിയിലൂടെ മാത്രമേ അവനെയും അവനവന്റെ കുടുംബത്തെയും ഉയർത്താൻ സാധിക്കുകയുള്ളൂ മറ്റുള്ളവർക്ക് നമുക്ക് പ്രചോദനം കൊടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് പറയുന്നു ഭഗവാനെ അങ്ങയുടെ ഈ ഘോരമായ രൂപത്തെ ഞാൻ അല്പം പോലും ഭയക്കുന്നില്ല ഞാൻ ഞാൻ ഭയക്കുന്നു ആരെ കൃപണന്മാരെ ഭയക്കുന്നു പ്രിയാണ് ത്രൂസ്മേഹം കൃപണവത്സല ദുസ്സഹോഗ്ര സംസാരചക്രസം പ്രണീതരുഷു മൂലംപവർഗരണം കഥന്നു ഭഗവാനെ ഞാൻ ഭയക്കുന്നവര് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃപണന്മാരാണ് കൃപ മറ്റുള്ളവരിൽ നിന്നും കൃപ പ്രതീക്ഷിക്കുന്നവരെ കൃപണൻ എന്ന് പറയും കൃപ സിംപതി അർഹിക്കുന്നവർ സിമ്പതിക്ക് വേണ്ടിയിട്ട് യാചിക്കുന്നവർ മറ്റുള്ളവരെ ആശ്വസിപ്പിച്ചാൽ സമാധാനമുണ്ട് മറ്റുള്ളവർ രണ്ട് വാക്ക് പറഞ്ഞാൽ സന്തോഷമുണ്ട് എന്നതൊക്കെ മറ്റുള്ളവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നവരെയാണ് കൃപണൻ എന്ന് പറയാം ഒരർത്ഥത്തിൽ നമ്മളൊക്കെ യാചകന്മാരാണ് നല്ലവണ്ണം ഭക്ഷണമൊക്കെ വെച്ചാൽ നല്ല സാമ്പാറൊക്കെ വെച്ചാൽ മറ്റുള്ളവരിങ്ങനെ കഴിക്കുമ്പോ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു പ്രതീക്ഷ വരും എന്താ പ്രതീക്ഷ ഞാൻ വെച്ചത് എങ്ങനെയുണ്ട് എന്നുള്ളത് ഒന്ന് പറയണം നിങ്ങൾ മോശമായാലും പറയണം നന്നായിട്ടുണ്ട് അപ്പോൾ സമാധാനം ഓ നന്നായിട്ടുണ്ട് രണ്ടു ദിവസം മെനക്കെട്ടിട്ട് ഉണ്ടാക്കിയതെന്ന് അതെന്താ രണ്ടു ദിവസം മെനക്കെട്ടത് കഴിഞ്ഞ ആഴ്ച അരച്ചു വെച്ച നാളികേറെ ഫ്രിഡ്ജിലുണ്ടായിരുന്നു ഒന്ന് ഇതൊക്കെ എടുത്ത് വെച്ചിട്ടാണ് സാമാനുണ്ടാക്കിയിരിക്കുന്നത് എന്നിട്ടാണ് നമ്മൾ അപ്രീസിയേഷൻ അതുപോലെ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമുക്ക് മറ്റുള്ളവരൊന്ന് പറയണം ഓ നന്നായിട്ടുണ്ട് കെ ആയിട്ടുണ്ട് ടോളിൽ തട്ടി പറയുമ്പോ നമ്മളൊന്നങ്ങോട്ട് പോകും അതാരും പറയാനില്ല എങ്കിൽ വീട്ടിൽ നല്ല മാർക്കൊക്കെ കിട്ടി പാസ്സായിട്ട് വന്നിട്ട് എല്ലാവരുടെ മുഖത്തും ഒരു സന്തോഷമില്ല ഒരു സുഖമില്ല നേരെ മറച്ച മാർക്കാണെങ്കിലും ഓഹ് ഗംഭീരമായിട്ടുണ്ടോ നീ എങ്കിലും ഇങ്ങനെയെങ്കിലും പാസ്സായില്ലേ ഞങ്ങൾക്ക് അത്രയും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ അപ്പൊ ഒരു സന്തോഷമാണ് അതെല്ലാവരും മറ്റുള്ളവരിൽ നിന്ന് ഒരു പ്രതീക്ഷയിലാണ് യാചനയിലാണ് ഇരിക്കുന്നത് എന്താ യാചിക്കുന്നത് നമ്മളൊക്കെ അവരിൽ നിന്നും സിമ്പതി പ്രതീക്ഷിക്കുകയാണ് അല്ലെങ്കിൽ അപ്രിസിയേഷൻ അംഗീകാരം പ്രതീക്ഷിക്കുകയാണ് പറയുന്നു അങ്ങനെയുള്ളവരെയാണ് ഞാൻ പേടിക്കുന്നത് കാരണം അവർ ആരിൽ നിന്നാണ് ഇതൊക്കെ പ്രതീക്ഷിക്കേണ്ടത് പ്രീതോ ഉപവർഗചരണം ഇതൊക്കെ ഭഗവാനിൽ നിന്നാണ് അവർ പ്രതീക്ഷിക്കുന്നതെങ്കിൽ അവരുടെ മനസ്സ് ഭഗവാനിലേക്ക് തിരിയും കാരണം മറ്റുള്ളവർ തരുമ്പോഴും മറ്റുള്ളവരിലൂടെ ഇത് തരിയിക്കുന്നത് ആരാണ് ഭഗവാനാണ് ഞാൻ ഇന്നലെ പറഞ്ഞു ശവത്തിൻ്റെ മുന്നിൽ പോയിട്ട് ആരും പ്രതീക്ഷ വയ്ക്കാറില്ല എന്ന് ആ ശരീരത്തിലൂടെ ഒരാൾ നമ്മളെ നല്ല വാക്കുകൾ പറയുമ്പോഴും അപ്രിഷ്യേഷൻ ചെയ്യുമ്പോഴൊക്കെ ആ ശരീരത്തിലൂടെ ഒരു ഭഗവത് ചൈതന്യം തന്നെയാണ് നമ്മളോട് ഇതൊക്കെ പറയുന്നത് അപ്പൊ ആ ഭഗവത് ചൈതന്യമാണ് ഇത് തരുന്നതെങ്കിൽ ആ ഭഗവാനിൽ നിന്നല്ലേ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് അതിന് പുറമേക്ക് ഒരാളെടുത്തേക്ക് നോക്കേണ്ട ആവശ്യമുണ്ടോ ഞാൻ എന്ത് ചെയ്താലും ഭഗവാനെ എനിക്ക് സന്തോഷമുണ്ട് എനിക്ക് സംതൃപ്തിയുണ്ട് ആരെന്ത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും എനിക്ക് യാതൊരു വിഷമവും ഇല്ല എന്ന മനസ്സിലങ്ങോട്ട് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ ദുഃഖം ദുഃഖം എന്ന് പറയുന്നത് ഉണ്ടാവില്ല നേരെ നമ്മൾ നല്ലൊരു സംഗതി ചെയ്തിട്ട് മറ്റൊരാൾ പറയണം ചെയ്യേണ്ടിയില്ലേ എന്നോന്നു അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് ശരിയായില്ല ഇങ്ങനെയൊക്കെയായിട്ട് പറയുമ്പണ്ടല്ലോ അപ്പോഴേക്കും നമ്മൾ സ്വയം ശപിച്ചുകൊണ്ട് പറയും ഈ ലോകത്തിൽ നല്ലത് ചെയ്തിട്ടും കാര്യമില്ല നല്ലത് ചെയ്യുന്നതാണ് ദ്രോഹം അതുകൊണ്ട് ഇനി മേലാൽ എനിക്കിങ്ങനത്തെ ബുദ്ധി തോന്നാതിരിക്കട്ടെ നല്ലത് ചെയ്യാതിരിക്കാനുള്ള ബുദ്ധി തോന്നാതിരിക്കട്ടെ കാരണം നമ്മളെ വിമർശിച്ചതുകൊണ്ട് നമ്മളെ പരിഹസിച്ചതുകൊണ്ട് ഇതാണ് ഭൂരിപക്ഷം ആളുകളുടെയും സ്വഭാവം പലരും നല്ല കാര്യങ്ങൾക്ക് മുന്നോട്ടിറങ്ങാത്തതിന് കാരണം മറ്റുള്ളവർ വിമർശിക്കുവോ എന്ന പേടിയൊണ്ടാണ് മറ്റുള്ളവർ പരിഹസിക്കോ എന്നുള്ള പേടിയൊണ്ടാണ് പല കാര്യങ്ങൾക്കും പലർക്കും മുന്നോട്ടിറങ്ങാനുള്ള കഴിവും പ്രാപ്തിയുണ്ട് എന്താ നിങ്ങൾ മുന്നോട്ടിറങ്ങത്ത ഏ ആളുകൾ വെറുതെ വിമർശിക്കും എന്തിന് നമ്മൾ വിമർശനം കേൾക്കാൻ പോണോ വീട്ടിലടങ്ങിയിരുന്നു മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലല്ലോ അപ്പൊ ആളുകളുടെ വിമർശനത്തെ അഭിമുഖീകരിക്കാനുള്ള തൻ്റെടം എനിക്കില്ല എന്ന ദൗർബല്യം അയാൾ തിരിച്ചറിയുന്നില്ല അപ്പൊ അയാൾക്ക് തൻ്റെ മനസ്സിനെ ബാലൻസ് ചെയ്യാൻ പറ്റില്ല എന്ന അത് മനസ്സിലാക്കാതെ ആ വിമർശനങ്ങളെ അയാൾ വലുതായിട്ട് കാണുന്നു പ്രിയനോ മനസ്സിലാവുണ്ടല്ലോ ഇതൊക്കെയാണ് നമ്മുടെ ശത്രു എന്ന് നമ്മൾ തിരിച്ചറിയണം അപ്പൊ നല്ല കാര്യങ്ങൾക്ക് നമ്മൾ മുന്നിട്ടിറങ്ങുമ്പം വിമർശിക്കട്ടെ പരിഹസിക്കട്ടെ നിന്ദിക്കട്ടെ കളിയാക്കട്ടെ അതൊക്കെ ചെയ്യുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രചോദനം നഷ്ടപ്പെട്ടു പോകരുത് നോക്കൂ ഇന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും സൗകര്യം കിട്ടുമ്പോൾ മാതാ അമൃതാനമന്ത്രി ദേവിയുടെ ജീവചരിത്രെടുത്ത് വായിക്കാം അപ്പോ അമ്മ ഒരു പെൺകുട്ടിയായിരിക്കുന്ന സമയത്ത് പത്ത് പതിനാറ് വയസ്സായിട്ടിരിക്കുന്ന സമയത്ത് അമ്മയെ പരിഹസിക്കാൻ അവിടുത്തെ ആളുകളുണ്ടായിരുന്നു കളിയാക്കാൻ ആളുകളുണ്ടായിരുന്നു അമ്മയെ ഒരു വേശിയായിട്ടും അതുപോലെ തന്നെ ഈ എന്താണ് കഞ്ചാവ് തുടങ്ങിയുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്നവളായിട്ടും അങ്ങനെയൊക്കെ പലതരത്തിൽ ആ അമ്മയെക്കുറിച്ച് ചീത്ത വാക്കുകളും ചീത്തതും പ്രചരിപ്പിച്ചിരുന്നു ആളുകൾ പ്രിയാണ് ഇന്നിപ്പോ ആ പ്രചരിപ്പിച്ചവരുടെ അമ്മയോടെ വിൽക്കണോ അവരവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി വിവേകാനന്ദ സ്വാമികൾ വളരെ രസകരമായിട്ട് പറയും ഒരു ആന നടന്നു പോകുമ്പോൾ പട്ടികൾ കുറയ്ക്കും ആന ഒരിക്കലും തിരിഞ്ഞു നോക്കാറില്ല അപ്പോൾ കരുത്തുണ്ടെങ്കിൽ നമ്മൾ തിരിഞ്ഞു നോക്കരുത് പറയട്ടെ വിമർശിക്കട്ടെ കളിയാക്കട്ടെ എന്നിക്കട്ടെ അപ്പോഴാണ് നമുക്ക് കൂടുതൽ കൂടുതൽ കൂടുതൽ തീയിൽ മുളച്ചത് വെയിലത്തൊരിക്കലും വാടില്ല എന്നതൊക്കെ പറയുന്നത് നമുക്ക് ബോധ്യം വരാം പക്ഷെ നമ്മൾ ആദ്യം സമ്മതിച്ചിരിക്കുന്നു ഞാൻ തീയിലല്ല മുളച്ചത് വെള്ളത്തിലാണ് മുളച്ചതെന്ന് അതുകൊണ്ട് പിന്നെ ഞാൻ വാടാതിരിക്കില്ല ആ തരത്തിലേക്ക് നമ്മൾ നമ്മളെ താഴ്ത്തി വെച്ചിരിക്കണോ പിന്നെ എങ്ങനെ നമുക്ക് ഉയരാൻ സാധിക്കും നമ്മൾ തന്നെ നമ്മളെ താഴ്ത്തിക്കഴിഞ്ഞാൽ പിന്നെ ആരും ഒന്ന് ലിഫ്റ്റ് എടുത്തിട്ട് പോക്കുവോ ഇല്ല നമ്മൾ തന്നെ വേണം നമ്മളെ ഉയർത്താനെന്ന് ഗീതയിൽ പറഞ്ഞത് നമുക്ക് ഈ സന്ദർഭങ്ങളിലും മനസ്സിലാക്കാൻ പറ്റും അതിനെന്ത് വേണം യസ്മാൽ പ്രിയപ്രിയോഗ സയോഗ ജന്മ ശോകാഗ്നി സകലയോ നിഷുദഹ്യമാന ദുഃഖൌഷധം തദവി ദുഃഖമതയാഹം ഭൂമന്ദ്രമാമി വതമേ തവദാസ്യോഗം ഭൂമന്ദ്രമാമി വതമേ തവദാസയോഗം ഞാനും നിങ്ങളും പ്രിയപ്രിയവിയോഗസയോഗ പ്രിയാപ്രിയം ഈ ലോകത്തിലുള്ളവരെ പ്രിയമായി കണ്ടിട്ട് ഭാര്യയെ പ്രിയമായി കാണും അല്ലെങ്കിൽ ഭർത്താവിനെ പ്രിയമായി കാണും മക്കളെ പ്രിയമായി കണ്ടിട്ട് അതിൻ്റെയൊക്കെ വിയോഗത്തിൽ ദഹ്യമാനം ഇരുന്ന് ദഹിക്കുന്നു അതിൽ കടന്നിട്ടിങ്ങനെ വെന്തുരുങ്ങുന്നു പറയാണ് എന്നാൽ അല്പം വിവേകത്തോടുകൂടിയിട്ട് സ്വയം ചോദിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല വാസ്തവത്തിൽ എനിക്ക് പരമപ്രിയനാരാണ് എനിക്ക് പരമപ്രിയനായിരിക്കുന്നത് എന്നെ ഞാനാക്കി തീർത്തിരിക്കുന്ന ഭഗവത് സാന്നിധ്യമല്ലേ ഭഗവത് സാന്നിധ്യമില്ലെങ്കിൽ ഈ ശവത്തിന് പ്രിയരായിട്ടുണ്ടോ ഈ ശവത്തിന് ഇന്നെ സ്നേഹിക്കാൻ സാധിച്ചിട്ടുണ്ടോ ഭഗവാനെ അവിടുത്തെ സാന്നിധ്യം കൊണ്ടാണ് ഭാര്യയുണ്ടെന്നും ഭർത്താവുണ്ടെന്നും മക്കളുണ്ടെന്നും അവരെ കോർക്കാനും സ്നേഹിക്കാനും സാധിക്കണമെങ്കിൽ ആദ്യം സ്നേഹിക്കേണ്ടത് അങ്ങേയല്ലേ അത് ഞാൻ മറന്നു ഭഗവാനെ എന്ന് മനസ്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ ൂമൻ വാമി ഭൂമൻ ഭ്രമാമി വധമേ തവദാസ്യോഗം അങ്ങനെയുള്ളൊരു വിവേകം എനിക്കുണ്ടാവാൻ അവിടുത്തെ ദാസ്യയോഗം എനിക്കുണ്ടാവട്ടെ ഞാനെന്നും അവിടുത്തെ ദാസനാണെന്നുള്ള ഭാവം ദാസോഹം തവകേശവ ഈ ഭാവം എന്റെ ഉള്ളിൽ ദൃഢമായി തീരാൻ എന്നെ അനുഗ്രഹിക്കൂ ഭഗവാനേന്ന് ഇപ്രകാരം പറഞ്ഞ് പറയുകയാണ് ജതി കർമ്മമയം ബലീയ കാളേന ചോദിത ഗുണാനമതേന പുംസ ചന്ദോമയം യഥാർപ്പിതഷോടാരവും സംസാര ചക്രമജഗോതിതരേത്വതന്യാ വിവേകമുള്ളവൻ തിരിച്ചറിയേണ്ടത് മായാമനസ്രജതി കർമ്മമയം നമ്മുടെ മനസ്സ് തന്നെയാണ് നമ്മുടെ ജീവിതത്തെ എങ്ങനെയാക്കണം എന്ന് നിശ്ചയിക്കുന്നത് സന്തോഷത്തിലേക്ക് നയിക്കാനും മനസ്സിന് സാധിക്കും ദുഃഖത്തിലേക്ക് നയിക്കാനും മനസ്സിന് സാധിക്കും ധൈര്യത്തിലേക്ക് നയിക്കാനും മനസ്സിന് സാധിക്കും തളർച്ചയിലേക്ക് നയിക്കാനും മനസ്സിന് സാധിക്കും എല്ലാം മനസ്സാണ് നിശ്ചയിക്കുന്നത് അതുകൊണ്ട് ആ മനസ്സിനെ തിരിച്ചറിഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് ഉത്സാഹത്തിലേക്ക് നയിക്കാൻ സാധിക്കും അതിനെന്ത് വേണം അങ്ങോട്ട് നയിക്കാൻ കോളു ഭഗവന്ത ോദോ മഹതനുഗ്രഹ ആർത്തതോനേ പ്രിയജനാനുസേവതം കോന്നത്രതേ അഖിലഗുരു ഭഗവാനെ അവിടുത്തെ ഞാൻ എന്റെ പരമഗുരുവായി കണ്ടുകൊണ്ട് ഞാൻ ദിവസവും പ്രേമത്തോടുകൂടി സ്മരിക്കുന്നു ഒരു ഗുരു നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഗുരുവിലൂടെ പ്രചോദനം ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കും ഈ ലോകം മുഴുവൻ പ്രചോദനത്തിലേക്ക് നയിക്കപ്പെട്ടത് ഗുരുക്കന്മാരിലൂടെയാണ് ഒരു രാമകൃഷ്ണദേവൻ ഉള്ളതുകൊണ്ടായിരിക്കാം വിവേകാനന്ദ സ്വാമി എന്ന ഒരു വലിയൊരത്ഭുത വിഗ്രഹം ഈ പ്രപഞ്ചത്തിലേക്ക് കടന്നു വന്നത് അല്ലെങ്കിൽ പ്രസിദ്ധനായി തീർന്നത് ഇതുപോലെ ഏത് വ്യക്തികളും എടുത്ത് നോക്കും ഒരു ഗുരുവിന്റെ പ്രചോദനം നിങ്ങൾക്ക് കാണാം ഇവിടെ നമ്മളോടും പ്രഹ്ലാദൻ പ്രിയാണ് ജീവിതത്തിൽ ഉത്സാഹവും ആനന്ദവും വേണോ ഒരു ഗുരുവിനെ തെരഞ്ഞെടുക്കൂ ഏതായിരിക്കണം ആ ഗുരു ഈ ഭാഗവതം തന്നെ ഗുരുവായിട്ട് കാണുമോ നമുക്ക് ഇന്ന് രണ്ടു ദിവസം കഴിഞ്ഞാൽ ഈ ഗുരുവിന്റെ ഇതൊക്കെ ഭാഗവതത്തിൽ പതിനൊന്നാം സ്കന്ധത്തിൽ വിസ്തരിക്കും അപ്പൊ വിശദമായിട്ട് കാണാം അതിനെന്ത് വേണം ആർത്തബന്ധോ ഭഗവാനെ തന്നെ ബന്ധുവായി കണ്ടുകൊണ്ട് സഖാവായി കണ്ടുകൊണ്ട് ജീവിതം നയിക്കാൻ സാധിക്കണം അങ്ങനെയാ ഭഗവാനിലേക്ക് തിരിഞ്ഞ് ജീവിതം ധന്യമാക്കൂ എന്ന് പറയാണ് ഇപ്രകാരം പറഞ്ഞിട്ട് പ്രഹ്ലാദൻ ഭഗവാനോട് പ്രാർത്ഥിക്കാണ് പ്രായേണ ദൈവമുനയ സ്വവിമ സ്വവിമുക്തികാമാരന്തി വിജനേന പരാർത്തനിഷ്ഠ നൈതാൻ വിഹായ കൃപകാൻ വിമുക്ഷുയേകോ നാന്യം തദസ്രണം പ്രമദോനുപശ്യേ പ്രായേണ സാധാരണ ഗതിയിൽ ഭഗവാനെ ദേവന്മാരും ഋഷീശ്വരന്മാരും തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ മൗനം ചരന്തി അവർ മൗനവ്രതങ്ങൾ എടുക്കണോ എന്തിനു വേണ്ടിയിട്ട് അവനവന് മുക്തി കിട്ടാൻ വേണ്ടി എന്ന പരാത്ത് മറ്റുള്ളവർക്ക് മുക്തി കിട്ടാനല്ല സ്വാർത്ഥതയിലൂന്നിയതാണ് അവരുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് എന്നാ ഞാനങ്ങനെയല്ല ഏതാൻ വി ഒരാൾ പോലും ഇവിടെ മോക്ഷം കിട്ടാതിരിക്കരുത് എന്നാണ് എല്ലാവർക്കും മുക്തി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ച ഒരു വ്യക്തിയാണ് പ്രഹ്ലാദൻ ഇപ്പൊ ജീവിതത്തിൽ നമ്മുടെ ഒരു ഒരു വലിയൊരു വീക്ഷണ ഇതായിരിക്കണം എപ്പോ നമ്മൾ ക്ഷേത്രത്തിലൊക്കെ പോയി നമ്മുടെ കാര്യങ്ങൾ പറയുന്നുവോ അപ്പോൾ നമ്മൾ തിരിച്ചറിയണം നമ്മൾ സ്വാർത്ഥതയിലേക്കാണ് വീണിരിക്കുന്നത് സ്വാർത്ഥതയെ കളയാൻ ഒറ്റ മാർഗം മനസ്സിനെ കൊണ്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കലാണ് ഭഗവാനെ എല്ലാവർക്കും ശാന്തി കൊടുക്കൂ എല്ലാവർക്കും സമാധാനം കൊടുക്കൂ സർവേഷാം സുസ്ഥിത്ഭവതോ സർവേഷാം ശാന്തിർഭവതോ സർവേഷാം പൂർണ്ണം ഭവതോ സർവേഷാം ഈ പ്രാർത്ഥനകളൊക്കെ വാസ്തവത്തിൽ ഭാരതീയരുടേത് മാത്രമാണ് എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രാർത്ഥന എനിക്ക് സുഖം തരൂ എന്നെവിടെയും നിങ്ങൾക്ക് കാണില്ലേ നമ്മുടെ ഹിന്ദു സംസ്കാരത്തിൽ നിങ്ങൾ നോക്കൂ രാവിലെ ഗായത്രി മന്ത്രം ചൊല്ലുമ്പോൾ ഭൂർഭുവ സ്വത്ത സവിതോർവരണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധീമഹി എന്നുള്ളത് പ്ലൂരലാണ് ബഹുവചനമാണ് നഹീമഹി ഞങ്ങളുടെ ബുദ്ധിയെ പ്രചോദിപ്പിച്ചാലും ഞങ്ങളുടെ ബുദ്ധിയെ വികസിപ്പിച്ചാലും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിതമാക്കിയാലും ന എന്നുള്ള വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഓം സഹനാവവതു സഹനോനു ഞങ്ങളുടെ ഉയർത്തിയാലും ഞങ്ങളെല്ലാവരും സഹകരിക്കട്ടെ ഞങ്ങളെല്ലാവരും ഒന്നുചേരട്ടെ ഞങ്ങളെന്ന പദമാണ് എവിടെയും ഉപയോഗിച്ചു കാണുന്നത് നിങ്ങൾ കുന്തി ദേവിയുടെ നോക്കൂ വിപത സന്തു നഹ ശശ്വത ഞങ്ങളുടെ ഞങ്ങൾക്ക് വിഷമങ്ങൾ തന്ന് ആ അഖില ഗുരുവായിരിക്കുന്ന ഭഗവാനെ ഈ സ്മരിക്കാൻ ഞങ്ങൾക്ക് തോന്നട്ടെ എല്ലാം പ്ലൂരലാണ് പക്ഷെ എന്തോന്നറിയില്ല നമ്മുടെ ഭക്തിയിൽ പ്ലൂരൽ എടുത്ത് നമ്മൾ കളഞ്ഞു പുറമെ എത്തുമ്പോൾ നമ്മൾ സപ്താഹത്തിനൊക്കെ പോകുമ്പോൾ ഇങ്ങനെ പറയും ലോകാ സമസ്താ സുവിനോഭവന്തൊക്കെ പക്ഷേ അങ്ങോട്ടങ്ങോട്ട് അമ്പലത്തിൻ്റെ ഉള്ളിൽ കിടക്കുമ്പം ഒരു വാരപ്പ എന്നെ മാത്രം രക്ഷിക്കണേ നമ്മൾ പറഞ്ഞു പോകും ആ പ്ലൂരിൽ പോയി പ്രിയാണ് പിന്നെയൊക്കെ നമ്മുടെ കാര്യവും എന്റെ കാര്യവും ഞാനോ എന്റെ കെട്ടിയോളോ കുട്ടികളോ മാത്രം നേരിയ മധിഭഗവാൻ വേറെ ആർക്കൊന്നും കൊടുക്കേണ്ട എന്നുള്ളതാണ് എങ്ങനെയാണ് നമ്മൾ നേരെയാവുക ആ ഒരു ബഹുവചനം നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുന്നു നമ്മൾ ആ സ്വാർത്ഥതയിലേക്ക് വീണുപോകും അതുകൊണ്ട് പ്രഹ്ലാദൻ പറയുന്നു ജീവിതത്തിൽ ഒരിക്കലും സ്വാർത്ഥരായി പ്രാർത്ഥിക്കരുത് എല്ലാവർക്കും നന്മ കൊടുക്കണേ ഭഗവാനെ എല്ലാവർക്കും ശാന്തി കൊടുക്കണേ ഭഗവാനെ അങ്ങനെയും പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം ഗുരുവായൂരിൽ ഒരു ഡോക്ടറുണ്ട് അപ്പൊ ഇദ്ദേഹം അവിടെ സപ്താഹത്തിനൊക്കെ വരുമ്പം ഗുരുവായൂരിലാണ് താമസം അദ്ദേഹം കൊടിമരത്തിൻ്റെ അവിടെ നിന്നേ തൊഴാറുള്ളൂ അതാ പ്രത്യേകത അമ്പലത്തിനുള്ളിലേക്ക് അദ്ദേഹം കടക്കാറില്ല അല്ല ഭക്തി ആ ഗുരുവായൂരപ്പുള്ള ഭക്തി ദൃഢമാണ് ഉള്ളിൽ പോയാലേ ഭഗവാൻ കാണുമുള്ളത് തോന്നലൊന്നും അദ്ദേഹത്തിനില്ല അപ്പൊ എൻ്റെ സ്വാമി ഞാൻ രണ്ട് കാര്യങ്ങളെ പ്രാർത്ഥിക്കാറുള്ളൂ ഗുരുവായൂരപ്പനോട് എന്നും കാണാൻ ഭാഗ്യം തരണം എന്ന് എന്നും പോവും അദ്ദേഹം ഗുരുവായരില്ല ഒരു എട്ട് മണി നമ്മൾ തൊഴാൻ പോവും രണ്ടാമത് എന്നും സ്മരണയിൽ അങ്ങ് മാത്രമേ ഉണ്ടാവാമോ വേറെ ഒന്നും പ്രാർത്ഥിക്കില്ല ഈ രണ്ട് പ്രാർത്ഥന ഇത് തന്നെ ധാരാളം മതി സ്മരണയിൽ ഭഗവാൻ വേണം അതുപോലെ എന്നും കാണാൻ ഭാഗ്യം വേണം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഒരു സ്മരണയും കൂടി നല്ലതാണെന്ന് ഭഗവാനെ എല്ലാവർക്കും അങ്ങയെ സ്മരിക്കാൻ സാധിക്കണേ എന്നുള്ളതും കൂടി പ്രാർത്ഥിച്ചേക്കൂ ആൾക്കാർ സ്മരിക്കൂലെന്നുള്ള വേറെ കാര്യം പ്രാർത്ഥിക്കുന്നതിന് തെറ്റൊന്നുമില്ലല്ലോ ഇവിടെയാണ് നമ്മുടെ ആചാര്യന്മാര് കണ്ടെത്തിയത് ഈ സൊസൈറ്റി സിസ്റ്റത്തില് നമുക്കെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാര് ചിന്തിച്ചു കാറൽ മാക്സ് ആംഗിൾസ് ഒക്കെ ചിന്തിച്ചു ഒരു സോഷ്യലിസ്റ്റ് ലൈഫ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ലോകത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളത് അപ്പൊ സമ്പത്തെല്ലാം യൂണിവേഴ്സലായിക്കഴിഞ്ഞാൽ അതായത് ഗവൺമെന്റിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആരും പണക്കാരനും ആരും പാവപ്പെട്ടവനും ആരും മുതലാളിയാവില്ല ആരും തൊഴിലാളിയാവില്ല ഈക്വൽ ഒരു ഈക്വൽ സിസ്റ്റം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവും എന്നുള്ള അദ്ദേഹം മനസ്സിലാക്കി അതുകൊണ്ട് ചക്രവർത്തിമാരുടെയൊക്കെ സ്വത്തിനെ യക്ഷചക്രൽ ഗവൺമെന്റിലേക്ക് കണ്ടുകെട്ടിക്കൊണ്ട് അവർ കമ്മ്യൂണിസ്റ്റ് സിസ്റ്റം ഓഫ് ലൈഫ് കൊണ്ടുവന്നു റഷ്യയിലും ചൈനയിലും ഒക്കെ കൊണ്ടുവന്നത് പക്ഷേ ഒരു പരാജയം അതിൽ സംഭവിച്ചു പോയി എന്നാണ് അതെന്താണ് സൃഷ്ടിയിൽ അവിടെയാണ് നമ്മുടെ പൂർവികന്മാരുടെ ബുദ്ധി നമ്മൾ കാണുന്നത് സൃഷ്ടിയിൽ എപ്പോ എപ്പോഴും നമുക്ക് കാണാം എല്ലാവർക്കും ഒരേ ആരോഗ്യസ്ഥിതി ആയിരിക്കില്ല എല്ലാവർക്കും ഒരേ മാനസിക സ്ഥിതി ആയിരിക്കില്ല എല്ലാവർക്കും ഒരേ ബുദ്ധി സാമർത്ഥ്യമാവില്ല ഇതെപ്പോഴും വ്യത്യസ്തത ഉണ്ടായിരിക്കും ചിലവർ ചെറുപ്പത്തിലെ വളരെ ബുദ്ധിമാന്മാരായി അവനെ സംബന്ധിച്ച് സമ്പത്തുണ്ടാക്കാനുള്ള എല്ലാ ടെക്നിക്കും അവന് വേഗം മനസ്സിലാക്കാൻ സാധിക്കും കേവലം ശാരീരിക തലത്തിൽ നിൽക്കുന്നവന് ബുദ്ധി സാമർത്ഥ്യം വളരെ കുറവായിരിക്കും അതെപ്പോഴും സൊസൈറ്റിയിൽ ഇങ്ങനൊരു വ്യത്യസ്തത കാണാം സ്വത്തിനെ ഡിസ്ട്രിബ്യൂഷ് ചെയ്യാൻ സാധിച്ചു വരും മനുഷ്യന്റെ ആരോഗ്യസ്ഥിതിയും ബുദ്ധി സാമർത്ഥ്യവും മാനസിക സ്ഥിതിയും ഒരുപോലെയാക്കാൻ ഒരു കമ്മ്യൂണിസ്റ്റ് ചിന്തകനോ ലോക വ്യവസ്ഥിതിയിൽ ശാസ്ത്രജ്ഞന്മാർക്കോ സാധിച്ചിട്ടില്ല അത് പ്രകൃതിയിലൊരു നിയമമായിട്ട് നിൽക്കുന്നു അതുകൊണ്ട് എന്നും ബുദ്ധി സാമർത്ഥ്യമുള്ളവൻ ബുദ്ധി ചൂഷണം ചെയ്തു പോകും അതുകൊണ്ട് വീണ്ടും കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ ഇതേ സിസ്റ്റം പരാജയപ്പെട്ടിട്ട് സമ്പത്തിന്റെ ലോകം വീണ്ടും വന്നു പറയാനും അവിടെയാണ് നമ്മുടെ പൂർവികന്മാര് മനസ്സിലാക്കിയത് നിങ്ങൾ ആരുടെയും സമ്പത്തൊന്നെടുത്തിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട അതൊന്നും വേണ്ട പിന്നെ എന്താ വേണ്ടത് രണ്ട് കാര്യങ്ങൾ ചെയ്യുക ഒന്ന് മനസ്സുകൊണ്ട് എല്ലാവർക്കും നന്മയുണ്ടാവാൻ പ്രാർത്ഥിക്കുക എല്ലാവർക്കും നന്മയുണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവരും നമ്മളും ഒന്നാണെന്ന വിവേകം വന്നു അപ്പോൾ തന്നെ നമ്മൾ അവരെ വെറുക്കില്ല നിന്ദിക്കില്ല അവരെ നശിപ്പിക്കില്ല ആ പേടി കൊണ്ടാണല്ലോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടി വരുന്നത് സ്വത്ത് ആ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക രണ്ട് നല്ല മനസ്സോടുകൂടിയിട്ട് ദാനം ചെയ്യുക അപ്പൊ ഉള്ളവൻ ഇല്ലാത്തവന് ദാനം ചെയ്തു കഴിഞ്ഞാൽ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിൽ ഒരിക്കലും സ്പർദ്ധയുണ്ടാവില്ല റവല്യൂഷൻ ഉണ്ടാവില്ല ഇത് മനസ്സിലാക്കിയവരായിരുന്നു നമ്മുടെ പൂർവികന്മാരെന്ന് അപ്പോൾ നമ്മുടെ ഈ ഭാരതീയ സംസ്കാരം ഉണ്ടല്ലോ ഒരു നമ്മുടെ ഈ രാഷ്ട്രീയമായിട്ടുള്ള സ്പിരിറ്റിൽ നമുക്ക് നഷ്ടപ്പെട്ടുപോയി എന്നാലും നമ്മുടെ സംസ്കൃതിയെ നശിപ്പിക്കാൻ ഒരു രാഷ്ട്രീയക്കാരന് ഇതുവരെ സാധിച്ചിട്ടില്ല ഇപ്പോഴും അന്നദാനങ്ങൾ നടക്കുന്നില്ലേ അമ്പലങ്ങളിൽ ഞങ്ങൾ നോക്കൂ അവിടെ ജാതി വ്യവസ്ഥ വല്ലതും ഒന്നുമില്ല എല്ലാവരും വരുന്നു കഴിക്കണു ഒരേ എന്താണ് നിലത്തിരുന്നിട്ട് നമ്മൾ ഭഗവാന്റെ പ്രസാദമായിട്ട് സ്വീകരിക്കണോ അധാന സംസ്കാരം ലോകത്തിൽ ഭാരതത്തിൽ മാത്രമേ ഉള്ളൂ പ്രിയാണ് നമ്മളിലാണ് നമ്മളിലാണ് ഉഴന്നു വന്നത് പക്ഷെ ഇപ്പോ അതിലൊക്കെ ഒരു കുറവ് മാറ്റം വരുന്നു നമ്മളിലും ഈ സ്വാർത്ഥത എങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് മറ്റുള്ളവർ ചെലവഴിക്കണം ഞാനെന്തിനെ ചെലവഴിക്കണം ഓ അവരുടെ അടുത്ത് കാശുള്ളതുകൊണ്ടല്ലേ എന്റെ അടുത്ത് അതുണ്ടോന്ന് അനാവശ്യമായിട്ടുള്ള ചെലവുകൾ നമുക്ക് കൂടി വരണോ നല്ലതിനുള്ള ചെലവുകളൊക്കെ നമ്മൾ കുറച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ ക്ഷേത്ര സംസ്കാരങ്ങളൊക്കെ അങ്ങനെ അതപ്പതിച്ചു പോകണോ പറയുക കുറേ വെടിക്കെട്ടുകളും കുറേ ആനകളും വേണം ഇതൊക്കെ ഒരു ലെവൽ ഒരു പരിധിവരെ വേണം അതിലപ്പുഴായി കഴിഞ്ഞിട്ട് പണമൊക്കെ നശിപ്പിച്ചു കഴിഞ്ഞിട്ട് എന്ത് കാര്യമുണ്ട് സിസ്റ്റർ നോക്കൂ നിങ്ങൾ ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ കണ്ടില്ലേ കോടാന രൂപ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് എന്നിട്ട് അതിന് ഇൻകം ടാക്സ് എത്ര എത്ര നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാം പണം എടുത്തിട്ട് എത്ര നന്മ നിറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തായിരിക്കാം അവിടെയൊക്കെയാണ് നമ്മൾ ഒരു പക്ഷേ കേരളത്തിൽ നിന്ന് വിട്ടിട്ടുള്ള ഈ കേരളീയ ക്ഷേത്രങ്ങൾ വളരെ രസകരമാണ് ഞാൻ മദ്രാസിൽ സപ്താഹത്തിന് പോകുമ്പോൾ അവിടെ മഹാലിംഗപുര ഒരു ക്ഷേത്രമുണ്ട് അവരെത്ര വലിയ സേവനങ്ങളാണ് ചെയ്യുന്നതെന്നറിയോ ഒരു ഹോസ്പിറ്റൽ നടത്തുന്നു രണ്ടു മൂന്ന് അനാഥ മന്ദിരങ്ങളില് ദിവസവും അറുന്നൂറ് പാക്കറ്റ് ഭക്ഷണം അവരെത്തിക്കുന്നു അപ്പൊ നോക്കൂ ആ കുട്ടികൾക്കൊരു ബഹുമാനം ഉണ്ടാവില്ലേ ഈശ്വരനോട് ഓ ഞങ്ങൾക്ക് ഈശ്വര ഭഗവാൻ ഭക്ഷണം എത്തിക്കുന്നുണ്ടുള്ള ഒരു ബഹുമാനം ഉണ്ടാവില്ലേ ആ സമ്പത്തെടുത്തിട്ട് അവരെത്രയാണ് ചെലവഴിക്കുന്നത് അതുപോലെ എത്രയോ ആളുകൾക്ക് ഐ ഐ കോൺട്രിബ്യൂഷന് വേണ്ടിയിട്ടുള്ള കാശ് അതിനു വേണ്ടിയിട്ടുള്ള പലതും ചികിത്സയ്ക്ക് വേണ്ടിയിട്ടൊക്കെയുള്ള സൗകര്യങ്ങൾ ഇതൊക്കെ ഇങ്ങനെ മൊത്തം ആരോഗ്യരംഗത്തും അതുപോലെ തന്നെ ശാസ്ത്രരംഗത്തും അതുപോലെ സാഹിത്യരംഗത്തും ഭക്തിരംഗത്തും എല്ലാ തരത്തിലും നമ്മുടെ മതങ്ങളെ പോഷിപ്പിക്കാനാണ് ക്ഷേത്രങ്ങൾ വച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അതിന് ക്ഷേത്രം എന്ന് വിളിക്കേണ്ട കുരുക്ഷേത്രമെന്നും കർമ്മക്ഷേത്രമെന്നും കലാക്ഷേത്രമെന്നും ധർമ്മക്ഷേത്രമെന്നും ഇതൊക്കെ വിളിക്കാൻ കാരണം ഒരു വ്യക്തിയുടെ സകല തരത്തിലുള്ള വികാസത്തെ കൊണ്ടുകൊണ്ടാണ് അല്ലാതെ ഒരു കല്ലിനെ പൂജിക്കൽ മാത്രം ക്ഷേത്രമായി പറഞ്ഞിട്ടില്ല അത് പിന്നീട് പിന്നീട് നമ്മളൊക്കെ ആക്കി തീരുത്തതാണ് ഈശ്വരനെ കല്ലിലേക്ക് ഒതുക്കിയത് നമ്മളാണ് വാസ്തവത്തിൽ ഈശ്വരൻ എന്ന് കല്ലല്ല ഈശ്വരൻ എന്ന് പറയുന്നത് ആ വിഗ്രഹത്തിലൂടെ നമ്മളിലേക്ക് പ്രകാശിക്കുന്ന ഒരു ചൈതന്യമാണ് അതുകൊണ്ടാണ് അതിനെ വിഗ്രഹം എന്ന് വിളിച്ചത് വിശേഷേണ ഗ്രഹിക്കേണ്ടതെന്തോ അത് വിഗ്രഹം അതിലൂടെ ചൈതന്യത്തെ ഗ്രഹിച്ചുകൊണ്ട് നാം ആ ചൈതന്യത്തിലേക്ക് നമ്മുടെ മനസ്സിനെ ഉയർത്താനാണ് ക്ഷേത്രങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് പക്ഷേ ഇതൊക്കെ മനസ്സിലാക്കാതെ ആളുകളുള്ള കാശൊക്കെ അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് അത് ദൂർത്തടിക്കാനും അത് തോന്നിവാസം ചെയ്യാനും അവസരം കൊടുക്കണോ പറയാണ് നമുക്ക് കഷ്ടം തോന്നും നമ്മുടെ പല ക്ഷേത്രങ്ങളുടെയും അവസ്ഥ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് ഉള്ള ഭക്തി കൂടി നശിപ്പിക്കുന്ന രീതിയിലാണ് ആ സിസ്റ്റത്തിന്റെ ഒക്കെ പോക്ക് എന്ന് പറയാണ് മനസ്സിലാവുണ്ടല്ലോ അപ്പൊ നമ്മളെങ്കിലും ഇതൊക്കെ കേട്ടിട്ട് ആളുകൾക്ക് നന്മയുണ്ടാവുന്ന കാര്യങ്ങൾക്ക് പണം ചെലവഴിക്കുക അല്ലാത്തതിനൊന്നും പണം കഴിയുന്നതും കൊടുക്കരുത് അങ്ങനെ നമ്മൾ പണം നീ പൃഥുവിന്റെ ചരിത്രം പറയുമ്പോൾ പറയും നാം ചെലവഴിക്കുന്ന പണം അത് മറ്റൊരാൾ മിസ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് പാപമുണ്ടെന്നാണ് ദശമസ്കന്ധത്തിൽ നഖുഷന്റെ കഥ പറയും ഭഗവാൻ തന്നെ പറയരുത് നഖുഷന്റെ കഥയിൽ ഓർമ്മിപ്പിക്കുന്ന ബ്രഹ്മസ്ം വിഷം പ്രോക്തം നാലാഹാലം വിഷം വന്യേ ഞാൻ ഹാലാഹാലത്തെയല്ല വിഷമായി കാണുന്നത് ബ്രഹ്മസ്വത്തെയാണ് വിഷമായി കാണാം ബ്രഹ്മസ്വം എന്ന് പറഞ്ഞാൽ പൊതുവെ അതിനെ ആളുകൾ വ്യാഖ്യാനിക്കാൻ അമ്പലത്തിലെ സ്വത്ത് എന്നാണ് അതെവിടെയും വ്യാഖ്യാനം എഴുതി വെച്ചിട്ടില്ല ബ്രഹ്മസ്വം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം എന്നുള്ള ഈശ്വരൻ നമുക്ക് തന്നിരിക്കുന്ന സമ്പത്തിനെ നാം മിസ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നാം കൊടുത്തിട്ട് മറ്റൊരാൾ മിസ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പാപം നമ്മൾ അനുഭവിക്കണമെന്നാണ് പറയുന്നത് മനസ്സിലായില്ലേ അപ്പൊ നമ്മൾ പാ പണം കൊടുത്തിട്ട് പാപം എന്തിന് പിടിച്ചു വാങ്ങണം നന്മ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതിലേക്ക് നമ്മുടെ പണം ചെലവഴിച്ച് അങ്ങനെ നന്മയിലേക്ക് നമ്മൾ സമൂഹത്തെ നയിക്കാൻ നമുക്ക് സാധിക്കണം എന്ന് പറയാണ് നല്ല പ്രവർത്തനങ്ങളൊന്നും നിൽക്കാൻ പണം ഉണ്ടാ തികയാതെ നമ്മൾ പ്രയത്നിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ലോകത്തിലെ ഏറ്റവും ഉന്നതോന്നത സംസ്കാരമായി തീരും നമ്മുടെ ഭാരതീയ സംസ്കാരം അത് നിങ്ങൾ ഹിന്ദു സംസ്കാരമെന്നോ ജന്തു സംസ്കാരമെന്നോ എന്ത് വിളിച്ചാലും കുഴപ്പമില്ല പക്ഷേ ഈ ഒരു സംസ്കാരത്തെ നമുക്ക് ഓരോരുത്തർക്കും ഉയർത്തേണ്ടതുണ്ട് അതിനുവേണ്ടിയിട്ടായിരിക്കണം നമ്മൾ പ്രഹ്ലാദൻ പറഞ്ഞതുപോലെ എല്ലാവരുടെയും നന്മ ഉദ്ദേശിച്ചിട്ട് എല്ലാവർക്കും ശാന്തി പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം അങ്ങനെ പറഞ്ഞിട്ട് അവസാനം പറയുന്നു ഭഗവാനെ അതിലേക്കൊക്കെ ഉയരണമെങ്കിൽ എന്ത് വേണം തർഹേഹത്തമനമസ്തുതി കർമ്മ പൂജ കർമ്മസ്മൃതി ചരണയോശവണം കഥായം സംസേവയാത്രേ ദി ഷടങ്കയാക്കും ഭക്തി ജനപരമഹംസഗതൂലഭേദ ഭഗവാനെ അതിനാണ് ഭക്തി വേണ്ടത് ആ ഭക്തി ഉണ്ടാവാനോ കർമ്മസ്തുതി ഭഗവാനെ നമസ്കാരം ചെയ്യണം പൂജ ചെയ്യണം കീർത്തനം ചെയ്യണം ആ പ്രഹ്ലാദൻ പറഞ്ഞിട്ടുള്ള നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഓർക്കുക ശ്രവണം കീർത്തനം വിഷ്ണോ സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യമാത്മനിവേദനം ഈ തരത്തിലൊക്കെ നമ്മൾ ചിട്ടപ്രകാരം പടിപടിയായിട്ട് നമ്മുടെ ജീവിതത്തെ നയിക്കുമ്പോ ഈ പറഞ്ഞതൊക്കെ നമുക്ക് കൈവരിക്കാൻ സാധിക്കും നമുക്കും വ്യക്തമായ ഒരു ജീവിത വീക്ഷണം ഉണ്ടാവുക അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ട് ഇവിടെ നിന്നും മുന്നോട്ടു പോവുക ഒരു തുള്ളി വെള്ളത്തെ പോലെ മുന്നോട്ടൊഴുകിക്കൊണ്ടിരിക്കുക അപ്പൊ കൂടെയുള്ള തുള്ളി വെള്ളങ്ങളും അതേ ദിശയിലേക്ക് ഒഴുകും നാം വഴിതെറ്റൊഴുകിയാൽ പുറകിൽ വരുന്ന വെള്ളത്തുള്ളികളും വഴിതെറ്റിയൊഴുകും അതിനെ ഇടവരുത്താതെ നമ്മൾ നന്മകളിലേക്ക് നന്മ നിറഞ്ഞുകൊണ്ട് നന്മ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക അതിന് നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഇവിടെ ഉപസംവരിപ്പിക്കുന്നു ഇനി പ്രഹ്ലാദന് വരം കൊടുക്കുകയാണ് നരസിംഹമൂർത്തി അത്യന്തം പ്രീതനായിട്ട് പ്രഹ്ലാദന്റെ ശിരസിൽ കൈവച്ചുകൊണ്ട് ഭഗവാൻ പറഞ്ഞു പ്രീതോഹം അഹം പ്രീത അങ്ങേറ്റം പ്രീതനായി ആ സമയത്ത് പ്രഹ്ലാദൻ ചോദിക്കുന്ന വരമാണ് പത്താമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് അത് നമുക്ക് ഭക്ഷണത്തിന് ശേഷം നോക്കാം സർവത്ര ഗോവിന്ദനാമസംഗീർത്തനം ഗോവിന്ദഗോവിന്ദ